ശിവം പാദരാണ സൂത്രഭാഷ്യകൃതൗ വേ ഭഗവശമാരംഭം ശങ്കചാര്യമധ്യമാസ്മദാര്യ വേ ഗുരുപരംപരാം ബോധാനന്തം ചകലാണത്മജം സച്ചിദാനന്തമാത്മജം അചുദാനന്തഗുരു ാരായണ ഗുരുദേവന്റെ സമാധി ദിനം അദ്ദേഹം ബ്രഹ്മലീനായ ദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്തവണ സംഘാടകരനോട് ആവശ്യപ്പെട്ടത് അദ്വൈത ദീപിക നിങ്ങളെ പഠിപ്പിക്കാനാണ് ഇത് തീരില്ല ഇതൊരു പ്രകരണ ഗ്രന്ഥമാണ് ഇതുവരെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഞാൻ ഏതാണ്ട് എവിടെ വരുമ്പോൾ തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർന്നിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമേ പറയാം തീരില്ല നിങ്ങളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പേരെ അദ്വൈത പ്രകരണം നന്നായി അറിയുന്നവരാണെങ്കിൽ ഇത് തീർക്കാൻ പറ്റുമായിരുന്നു പ്രകരണ ഗ്രന്ഥങ്ങൾ വേദാന്തത്തിൻ്റെ സ്വരൂപം ഫലം ഇവയൊക്കെ ചിന്തിക്കുന്നതാണ് വേദാന്ത ജിജ്ഞാസയുടെ ഹേതുവിനെയും ചിന്തിക്കുന്നതാണ് ഒരാൾക്ക് വേദാന്ത ജിജ്ഞാസയുണ്ടാകുമ്പോൾ അതിൻ്റെ ഹേതു അതിൻ്റെ സ്വരൂപചിന്തനം അതിൻ്റെ ഫലചിന്തനം ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു ഉത്തമ കൃതിയാണ് അദ്വൈത ദീപികയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പത്തൊമ്പത് ശ്ലോകങ്ങൾ ഒന്നിച്ചൊല്ലാം കയ്യിലുണ്ടാവും പ്രതിഭയായിരമിങ്ങവറ്റിൻ ആരാലഴും വിഷയമായിരമം പ്രപഞ്ചം ഒരായിൽ നേരിതുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു നൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പിതിഹ കാരണസത്തയന്യേ വേറെല്ല വീചിയിലിരിപ്പതുവരിയത്രേ വാസസുതന്തുവിതുപഞ്ഞീലാതിമൂല ഭൂതപ്രഘാതമിതു മോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസൊന്നുമരു സ്ഥലത്തു പാധസ്സു പോല പരമാവധി ബോധമത്രേ വൃത്തിസ്തമാമറിവിശ്വുമില്ല ഇല്ലതിന്റെ വിത്താമവിദ്യ അതുമില്ല വിളക്കുവന്നാൽ അധിക്കിലെങ്ങും ഇരുളിലുടനങ്ങുവർത്തി വിട്ടാൽ വിളക്കുപൊലിയും നിരുളും വരുന്നു ആരായ്വിലേയുലകുമില്ല അതവിദ്യ തത്വം ഒരാതവർ ഇത് ഉലകായവില സംഭ്രമത്താൽ ം ഇല്ലിത് അവിദ്യ തത്വം്രമത്താൽ ആരായ്വിൽ ഈയുലകം ഇല്ലിത് അവിദ്യ തത്വം ഓരാതവർക്ക് ഇതുലകായവില സുഭ്രമത്താൽ രികിലില്ല വിശാദിദന്ധ കാരം ഭയന്നവനിട്ടു വിശാജുപോലാം ആരാൽ വിളക്കരികിലില്ല വിശാചിദന്ധകാരം ഭയന്നവനിരുട്ടു വിശാജുപോലാം ുമുറമാറിയസത്തു സു ഉണ്ടെന്നുമുറമാറിയസത്തു സു രണ്ടും പ്രതീതമിത അനാദിതമസ്വഭാവം രണ്ടും തിരിഞ്ഞിടുകിൽ ഇല്ലയസത്വ രജ്ജു ുരകമുള്ളതു രജ്ജു മാത്രം രണ്ടും തിരിഞ്ഞിടുകിൽ അല്ലെ അസത്വ രജ്ജു കണ്ടത്തിലില്ല ഉരകമുള്ളതു രജ്ജു മാത്രം രണ്ടും തിരിഞ്ഞിടുകിലില്ല അസത്ത് രജ്ജു ഖണ്ഡത്തിലില്ലുരകം ഉള്ളതു രജ്ജു മാത്രം ഖണ്ഡത്തിലില്ലുരകം ഉള്ളതു രജ്ജു മാത്രം അസ്ഥി അസ്ഥിയെന്നു സകലോപരി നിൽപ്പതൊന്ന് സത്യം സമസ്തവുമനിത്യം അസത്യമാകും മൃത്തിൽ വികാരമതസത്യം അതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്രയും മൃത്തിൽ വികാരമതസത്യം ഇതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്യുതു സത്യമത്രേ അജ്ഞാനവേളയിലുമസ്തിവിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നുമൊന്നും രജ്ജുസ്വരൂപമഹിയോടും ഇതന്തയർന്ന് നിൽക്കുന്നിതിനിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻ ഭ്രമം വിടുകിലും ചിലമിങ്ങവന്റെ ദൃക്കിന്നു ദിക്കു പുനരെങ്ങനെ പുനരങ്ങനെ തന്നെ കാണാം സത്യത്തിലില്ല യുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്ന് സിദ്ധിക്കിലും വിലസിടുന്നതു മുൻപ്രകാരം ജ്ഞാനിക്കു സത്വലഘുചിത്വസുഖസ്വരൂപം ആനന്ദമല്ലൃതമജ്ഞനിത ഇതപ്രകാശം കാണുന്നവന് സുഖമസ്തിയാർന്നു പാനു സ്ഥിതയർന്ന ഭാനുമാൻ അർക്കൻ അന്ധം നിരുളാർന്നൊരു ശൂന്യവസ്തു കാണുന്നവന് സുഖമസ്തിയർന്ന ഭാനുമാൻ അർക്കൻ അന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു അർക്കൻ അന്ധൻ ഇരുളർന്നൊരു ശൂന്യവസ്തു വിത്തൊന്നു തൻ വിവിധമായി വില സിതിങ്കൽ അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാതിരുളൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ രജ്ജുസ്വരൂപം അറിയാതിരുളൽ വിവർത്ത സർപ്പം നിനക്കിലിതു നിന്നു വേറോ ഓരോന്നതായ മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ലകമില്ല വിചിത്രമത്രേ വേരാകുമി അവയവങ്ങളുമേവങ്ങോ ഒട്ടാരിലിൽ അഖിലവും നിജബോധമാത്രം വേരാകുമി അവയവങ്ങളും ഏവമങ്ങോട്ട് ആരായികിലിൽ അഖിലവും നിജബോധമാത്രം നൂലാട തന്നിലുതകം നുരതന്നിലേവം ആലോകമാകമറയുന്നൊരവിദ്യയാലിൽ ആലോചനാവിഷയമായതു തന്റെ കാര്യ ജാലത്തൊടും മറകിലുണ്ടറിവുന്നു മാത്രം ആലോചനാവിഷയമായതു തന്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവെന്നു മാത്രം ആനന്ദമസ്തിയതു ഭാവി അതൊന്നു തന്നെ താനന്യമോർക്കലത് നാസ്തി സർവം കാനൽ ജലം ഗഗന നീലമസത്യമ്ര സൂനം നിലയ്ക്കിൽ ഗഗനം പരമർത്ഥമാകും കാനൽ ജലം ഗഗന നീലം നീലമസത്യം അപ്ര സൂനം നിലയ്ക്കിൽ ഗഗനം പരമർത്ഥമാകും ആത്മാവിലില്ലേ ഒരഹം കൃതി യോഗി പോലെ താൻമായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടും ഇങ്ങ് യോഗി അജ്ഞാന സംശയവിപര്യമാത്മതത്വ ജിജ്ഞാസുവിന് ദൃഢബോധനിും അജ്ഞാന സംശയവിപര്യം ആത്മതത്വ ജിജ്ഞാസുവിന് ദൃഢബോധനിതില്ലതില്ലും സർപ്പപ്രതീതി ഭണിയോ കയറോയിതെന്ന തർക്കം ഭ്രമം കയറുകാൻ കിളിതില്ലതെല്ലും സർപ്പപ്രതീതി ഭണിയോ കയറോയിതെന്ന തർക്കം ഭ്രമം കയറുകാൻ കിളിതില്ലതെല്ലും മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമം ഇരനിക്കിടുന്നു പിന്നീടു കാണുമറിവും പ്രഭ തന്റെ പിൻപോയി കണ്ണെന്ന പോലറിവ് കാണുകയില്ലതാനെ കാണുന്നു കണ്ണിക തുറക്കിലടക്കിലന്തൻ താനുള്ളിൽ മേവും അറിവിങ്ങുവരായികയാലേ ജ്ഞാനം പുറത്തുതനീ വരികില്ല കണ്ണുവേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ ഈ അദ്വൈത ദീപികയാണ് നിങ്ങൾക്കെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ അനുഭൂതിസമ്പന്നനായ ഒരാചാര്യൻ്റെ സമ്പൂർണ ജ്ഞാനത്തിൻ്റെ നിദർശനമാണ് നാരായണ ഗുരുദേവന്റെ അദ്വൈതചിന്തക്ക് സമ്പൂർണ്ണ ദൃഷ്ടാന്തങ്ങളാണ് ചിലകൃതികൾ അപ്പോൾ പ്രകരണഗ്രന്ഥങ്ങൾ എന്ന് പറയും അദ്വൈതത്തിൻ്റെ ഹേതു സ്വരൂപം ഫലം ഇവയെ സ്പഷ്ടമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ പ്രഹരണ ഗ്രന്ഥങ്ങൾ ചെയ്യുന്നത് ആത്മോപദേശതകം മലയാളത്തിലുള്ളത് അതുപോലെ തന്നെ അറിവ് മലയാളത്തിലുള്ളത് അദ്വൈത ദീപിക ൂട്ടത്തിൽപ്പെടും ഗുരുദേവന്റെ തന്നെ ദർശനമാല ഇത് സംസ്കൃത അത് വളരെ മുന്തിയ പ്രകരണ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഗുരുദേവൻ തന്നെ വേദാന്തസൂത്രം രചിച്ചിട്ടുണ്ട് അതും സംസ്കൃതത്തിലാണ് ആഴമുള്ള ദാർശനിക കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗുരുദേവകൃതിയുണ്ട് അതും പ്രകരണഗ്രന്ഥമാണ് അപ്പോ ബ്രഹ്മവിദ്യാ പഞ്ചകം ദർശനമാല വേദാന്തസൂത്രം ഇവ സംസ്കൃതത്തിലും അറിവ് ആത്മോപദേശശതകം അദ്വൈതദീപിക ഇവ മലയാളത്തിലും പ്രകൃഷ്ടങ്ങളായ പ്രകരണ ഗ്രന്ഥങ്ങളായി സംഭാവന ചെയ്ത ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കൃതിയിലേക്ക് അടക്കാം പക്ഷെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ട് വേണം കിടക്കാൻ അദ്വൈത ദീപിക ദർശനമാല ആത്മോപദേശ ശതകം ഇവ ഗുരുദേവന് ശാങ്കരമതത്തോടുള്ള അഭിനിവേശത്തിൻ്റെ ഘോഷണമാണ് ഗുരുദേവനെ ഇന്ന് നിങ്ങൾ അറിയുന്നതും ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നതും ഒന്നും ഈ ദർശനത്തിൻ്റെ പേരിലല്ല സാമ്പ്രദായികമായി എവിടെയാണ് ഈ ആചാര്യന്മാരൊക്കെ നിൽക്കുന്നത് എന്ന് അറിഞ്ഞല്ല മലയാളി പഠിക്കാൻ പോകുന്നത് നിങ്ങളും ഒരുപക്ഷെ പഠിക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ ആവാൻ ഇടയില്ല കൈരളിയുടെ മനസ്സിൽ ഗുരുദേവനെ സ്മരിക്കുമ്പോഴും ശങ്കരനെ സ്മരിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നത് അത്രയും രണ്ടു പ്രതിയോഗികളെ സൃഷ്ടിക്കുവാനുള്ള സങ്കല്പങ്ങളിലാണ് അർദ്ധശങ്കയില്ലാതെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ശങ്കരമതമാണ് നമ്മുടെ മതമെന്ന് അത് ഉൾക്കൊള്ളുവാനുള്ള തിഷണയുള്ളവരല്ല ഇന്ന് പലപ്പോഴും ആധ്യാത്മിക ലോകങ്ങളിൽ വിരാജിക്കുന്നു അതുകൊണ്ട് ഈ നാടിന് വരുന്ന വൈകല്യം ചില്ലറയൊന്നുമല്ല അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല പക്ഷെ ആനുഷംഗികമായി സൂചിപ്പിക്കേണ്ടത് സാമ്പ്രദായിക മര്യാദയായതുകൊണ്ട് പാരമ്പര്യനിഷ്ഠരായ ആചാര്യന്മാർ അല്പം പോലും ശാസ്ത്രാനുഭവത്തിന്റെ രംഗവേദിയിൽ നിന്ന് വിട്ടുനിൽക്കാതെ പോകുന്നതിന്റെ മര്യാദ നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം അത്രയും ഞാൻ സൂചിപ്പിച്ചതാണ് അദ്വൈത സാധനാബാധകമായ വൃത്തിജ്ഞാന മുഖ്യം എന്ന് കരുതി വസ്തുതാപരമായി വിശദീകരിച്ച് ജീവന്റെ ജീവാത്മാവിന്റെ അദ്വൈതാനുഭവത്തെ അംഗ്യന്തരേണ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അദ്വൈതദീപികയുടെ കാതൽ ഔപനിഷധികമാണ് അതിനുപയോഗിക്കുന്ന സൂത്രവാക്യം അഭയം സ്വവൈബ്രമായ നാൾ ഒരു പ്രകരണ ഗ്രന്ഥത്തിന് തീർച്ചയായും സാധനാബോധകമായി സ്വീകരിക്കുവാൻ ഒരു മഹാവാക്യം ഉണ്ടാവും ശ്രുത്യധിഷ്ഠിതമായി അദ്വൈതദീപിക സ്വീകരിച്ചിട്ടുള്ളത് അഭയത്തെയാണ് മനുഷ്യജീവിതത്തിലെ എല്ലാ അഭയത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് മൗലികമായിട്ടുള്ളത് ശാന്തിയാണ് मनुष्य तेड़ शांति कचित्रता मनुष्य अशांति कह लोकारंभम मुदल मनुष्य तेड़ीट ലോകാരംഭം മുതൽ തന്നെ തേടിയിട്ടുണ്ട് ബുദ്ധിശാലികളായ ചിലർ ശാന്തി തേടിപ്പോകുന്നവരെ വഴിതിരിച്ചുവിട്ടിട്ടുമുണ്ട് ആരംഭകാലം മുതൽ ശാന്തി ധർമ്മത്തിലധിഷ്ഠിതമാണ് അഭ്യുദയത്തിലും നിശ്രേയസത്തിലും അധിഷ്ഠിതമാണ് മോക്ഷം ശാന്തി നിർവേദം ഇവയൊക്കെ അഭ്യുദയ നിശ്രേയസാധനമാണ് അത് ആളുകൾ തേടിയാൽ വിഷയങ്ങളും ലൗകിക വ്യവഹാരങ്ങളും ശമിക്കാനിടയുണ്ടാവും അതുകൊണ്ട് ആരംഭകാലത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ബൃഹസ്പതി സൂത്രത്തില് അർദ്ധകാമങ്ങളെ നിഷേധിച്ചിട്ടുമുണ്ട് സോറി ധർമ്മ മോക്ഷങ്ങളെ നിഷേധിച്ചിട്ടുമുണ്ട് അർദ്ധകാമങ്ങളെ മാത്രം സ്വീകരിച്ചിട്ടുമുണ്ട് അർദ്ധകാമൗ പുരുഷാർത്ഥൗ എന്ന് വ്യക്തതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ ആസ്പദമാക്കിയാണ് ചർവാക സിദ്ധാന്തം തന്നെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അത് ബൃഹസ്പതിയിൽ നിന്നല്ലാതെ വേരാരിൽ നിന്നുമല്ല ഇപ്പൊ ധർമാശ്രിതമല്ലാത്ത ധർമ്മമില്ലാത്തത് അത് പഠിക്കാനാണ് രാവിലെ നിങ്ങൾ ധർമ്മമായ മൂലം പഠിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കുട്ടികളെ അണിയിച്ചൊരുക്കി രാവിലെ കൊണ്ടുവിടുന്നത് ധർമ്മം പഠിച്ചാൽ ജിജ്ഞാസയുണ്ടാവും ധർമ്മം ഉൾക്കൊണ്ടാൽ ജിജ്ഞാസയുണ്ടാവും ജിജ്ഞാസയുണ്ടായാൽ അത് ശമിക്കാനുള്ള വഴികൾ തേടും അത് ശമിക്കാനുള്ള വഴികൾ പാരമ്പര്യ സംവേദനാപൂർവകമായി തേടുമ്പോൾ തനിക്കും അന്യർക്കും ശാന്തിയുണ്ടാവും അതിഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പാരമ്പര്യപരമായ ഒന്നും പഠിക്കാതിരിക്കുന്നതിനാണ് വളരെ നേരത്തെ തന്നെ പാരമ്പര്യ വെളിയിലേക്ക് നിതാന്ത സംഘർഷത്തിന് നിദാനമായി തീരുന്നതിനു വേണ്ടി കുട്ടികളെ നിങ്ങളുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് എന്ന് നിങ്ങൾ ഈ പണി തുടങ്ങിയോ അന്നുമുതൽ സംഘർഷം സ്വഭാവവുമായി തീർന്നിട്ടുണ്ട് ം വരുവോ ഈ ആമുഖത്തില്ോ ഇന്ത്യയിലെ ആധ്യാത്മിക സ്ഥാപനങ്ങൾ വരെ എവിടെയെങ്കിലും നാലു പേര് ചേർന്ന് വേരുറച്ചാൽ ആദ്യം ചെയ്യുന്നത് അതിനു ചുറ്റുമുള്ള വീട്ടിലെ കുട്ടികളെ അവന്റെ അച്ഛനമ്മമാരുടെ പാരമ്പര്യ സാൽമ്യമുള്ള ആഹാരത്തിൽ നിന്നും പാരമ്പര്യ സാൽമ്യം വന്ന വിദ്യാഭ്യാസത്തിൽ നിന്നും പാരമ്പര്യമുള്ള സംവേദനങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് പാരമ്പര്യത്തെ നിഷേധിച്ചു വളർത്തുവാൻ വേണ്ടി തന്നെയാണ് എന്നിട്ടാണ് സർഗചേതനയെയും നന്മയെയും ഉണർത്തുവാൻ ആ കൂട്ടരെല്ലാം ശ്രമിച്ചു പോരുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടോ കാരണം അതുവരെയുള്ള നിങ്ങളുടെ ഇരിപ്പിനൊരു മാറ്റം വന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടോ ഏ ഏ ഏൻ്റെ അച്ഛനും എന്റെ അമ്മയും ചേർന്ന് അവരിലെ സംസ്കാരങ്ങളും വാസനകളും നിലനിൽക്കുന്നത് എനിക്ക് കാരണമായ ആദ്യത്തെ കോശത്തിൽ ഡി എൻ എ ആയി രൂപാന്തരപ്പെട്ട് ആ വാസനകളുടെ സംഭൃത വികാരമുള്ള അതിനെ വളർത്തിക്കൊണ്ടുപോകുവാൻ വെമ്പൽ കൊണ്ട് എന്റെ ജീവിതം സാഫല്യമടയാൻ നിൽക്കുമ്പോൾ എന്നെ ആ ചുറ്റുപാട്ടിൽ നിന്ന് എനിക്കിഷ്ടമില്ലാതെ തന്നെ നിർബന്ധപൂർവം പറിച്ചെറിഞ്ഞ് വളർത്തുവാൻ എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുകയും അതിനെ വലിച്ചുകൊണ്ടുപോകുവാൻ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുകയും അതിന് ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ എന്റെ താളം തെറ്റിക്കഴിഞ്ഞു ധർമ്മത്തിന്റെ അടിവേര് തകർക്കുകയും ധർമ്മ ഇതരമായതിനെ നിലനിർത്തുകയും ചെയ്യുകയാണ് ജനാധിപത്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ കാതൽ നിങ്ങളുടെ ഭരണഘടനയാണ് ഭരണഘടനയുടെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് സെക്കുലർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പരലോകവും ഈശ്വരനും ഇല്ലാത്തത് ധർമ്മം വേണ്ടാത്തത് എന്ന് മാത്രമാണ് ഏത് നിഘണ്ഡവും നിങ്ങൾക്ക് പോയി പരുതാം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിഘണ്ടുക്കൾ മുഴുവൻ പരതാം പ്രാചീനമായവ അവയെ നോക്കിയ ഇത് എഴുതിയത് എഴുതിക്കഴിഞ്ഞ് പറ്റിക്കാൻ മലയാളത്തിൽ പല നിഘണ്ടുവും എഴുതി വ്യാഖ്യാനിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് അവ ഞാൻ നോക്കിയിട്ടില്ല ബാക്കി നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ സെക്കുലർ ഭരണഘടനയ്ക്ക് കീഴിൽ വരുന്നവരാണ് ധർമ്മ ഇതരം എന്നാണ് അതിനർത്ഥം ധർമ്മത്തിൽ നിന്ന് അന്യമായത് വിചിത്രമായൊരു സത്യമുണ്ട് അതിൻ്റെ പ്രോദ്ഘാടകനായ ചീഫ് ജസ്റ്റിസും അതിനെ അവലംബിച്ചുള്ള ഭരണാധികാരികളും എക്സിക്യൂട്ടീവുകളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈശ്വരനെ വെച്ചുകൊണ്ടാണ് ഇത്ര അന്തസാരശൂന്യമാണ് നിങ്ങളുടെ ജനാധിപത്യം ഏത് നിലയിലും നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ഇടയിൽ അഡ്വക്കേറ്റന്മാരൊക്കെ കാണും വ്യാഖ്യാനം കൊണ്ടാണ് നിയമം സ്പഷ്ടമാകുന്നത് വ്യാഖ്യാനിക്കുവാൻ ആധാരമായ ശബ്ദത്തിന്റെ വൃത്തികൾ ഏത് ഭാഷയിൽ നിന്ന് സ്വീകരിച്ചുവോ ആ ഭാഷയിൽ ആ പദത്തിന്റെ അർത്ഥം വ്യക്തതയോടെ ബോധ്യപ്പെടേണ്ടതുണ്ട് മതേതരം എന്നല്ല വാക്കിനർത്ഥം ധർമ്മേതരമെന്നാണ് അപ്പൊ അവിടെ മുതൽ തന്നെ മനുഷ്യജീവിതം അശാന്തിയിലേക്ക് പോകാനുള്ള ആധാരശിലയായി അതിലേക്ക് അതിന്റെ വ്യവസ്ഥാപിത രീതിയിൽ ധർമ്മത്തിനാധാരമായ അച്ഛനമ്മമാരിലൂടെ പാരമ്പര്യ രീതിയിൽ വളർന്നാൽ തെറ്റായി ജിജ്ഞാസയ്ക്കൊരിക്കലും ശമനം കിട്ടുകയില്ലാതായി അഭയമീശ്വരനിലാണ് അതിലാണ് എല്ലാ ജീവജാലങ്ങളും ആനന്ദമടയുന്നതും സൗമ്യമായി ജീവിക്കുന്നതും അതില്ലാതൊരു ജീവിത വ്യവസ്ഥയ്ക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് വേണ്ടത് ഭരണം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഭേദദർശനമാണ് ഭേദദർശനത്തിൽ അഭയമില്ല എവിടെയെല്ലാം രണ്ടുണ്ടോ അവിടെയൊക്കെ ഭയമുണ്ട് രണ്ടു ഭാവങ്ങൾ ഒന്നുമറ്റതിനെ ഭയപ്പെടുത്തുന്നതാണ് വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ രാവിലെ ഒരു നിമിഷം ഒരു ഭാവം തോന്നിയിട്ട് അതിന് വിപരീതമായ മറ്റൊരു ഭാവം മുമ്പിലെത്തിക്കഴിഞ്ഞാൽ ഉള്ളു കാണാൻ തുടങ്ങും അതിന് വേറെ ആളൊന്നും വേണ്ട നിങ്ങൾ തന്നെ ഒരിടത്തിരുന്നാൽ മതി അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും ചുറ്റുപാടും വിഷയങ്ങളും ഒന്നും വേണ്ട തന്റെ ഉള്ളിലെ രണ്ടു ഭാവങ്ങൾ പരസ്പരവിരുദ്ധമായി ഒരു നിമിഷം വന്നു മറഞ്ഞാൽ ഭയം ഗ്രസിക്കാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ താനും വേറൊരു വിഷയവുമെന്ന് രണ്ടുണ്ടെങ്കിൽ എത്ര ഭയമുണ്ടാവും ഉണ്ട് ഭേദദർശനങ്ങളെല്ലാം ഭയത്തെയും ദുഃഖത്തെയും സംഘർഷത്തെയും സദാപി ഉണ്ടാക്കുന്നവയാണ് ഭേദദർശനത്തെ മാറ്റി അദ്വൈതാത്മദർശനത്തെ ഉപദേശിക്കുന്നത് ഉപനിഷത്തുകളാണ് അതിന്റെ ചുവട് പിടിച്ചുള്ളൊരു പ്രകരണ ഗ്രന്ഥമാണ് അദ്വൈത ദീപിക അദ്വൈത പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉപക്രമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ കയറാമെന്ന് ഈ ദീപിക ശമത്തിന് പ്രാധാന്യം കൊടുത്തുണ്ടായിട്ടുള്ള ഗ്രന്ഥമാണ് ഇതിന്റെ രസം നിർവേദമാണ് രസം അനുഭവിക്കണമെങ്കിൽ വ്യതിരിക്തമായി നിന്ന് നോക്കണം ഒരു രസവും അതിലൊരാളായി നിന്ന് അനുഭവിക്കാൻ പറ്റില്ല അതും നിങ്ങളുടെ കലാജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു അലൗകികരായ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് പ്രാചീന ആചാര്യന്മാർ കലാസൃഷ്ടിയെ നടത്തിയിട്ടുള്ളത് അതിനവരുപയോഗിച്ച മാനദണ്ഡത്തിന് കാരണം ശൈവാഗമങ്ങളാണ് ശൈവതന്ത്രപ്രകാരം ഏതുമനുഭവിക്കണമെങ്കിൽ അതായിത്തീരരുത് ഏത് തരത്തിൽ നിങ്ങൾ ചിന്തിച്ചാലും പുരാണങ്ങളിലെ ഒരു കഥാപാത്രം പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ തലത്തിലേക്ക് സ്വരൂപിക്കാൻ പറ്റാത്തവയാണ് അലൗകികരാണ് എന്നാൽ ആധുനിക കാലത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ പഠിച്ചതെല്ലാം റിയലിസവും സർ ഒക്കെയാണ് ആധുനിക കലയുടെ ജീവനും റിയലിസമാണ് സിനിമകളും നാടകങ്ങളുമൊക്കെ കണ്ട് അതിലെ കഥാപാത്രങ്ങൾ നിങ്ങളാണെന്ന് തോന്നിക്കുമാർ അവതരിപ്പിച്ച് അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന കലാകാരന്മാർ അലൗകികരായ രാമനെയും സീതയെയുമൊക്കെ സാധാരണ വേഷങ്ങൾ അണിയിച്ച് സാധാരണക്കാരെ പോലെ അവതരിപ്പിച്ചപ്പോൾ അടുത്ത കാലത്ത് അവാർഡുകൾ നിങ്ങളുടെ കലാകാരന്മാർ വാരിക്കൂട്ടുകയുണ്ടായി ആ അവതരണ രീതി നിങ്ങളെയും നിങ്ങളുടെ നാടിനെയും ചില്ലറയൊന്നുമല്ല അതപ്പതിപ്പിച്ചത് കഥാപാത്രങ്ങളോട് നിങ്ങൾ സാൽമ്യം പ്രാപിക്കുമ്പോൾ രസാസ്വാദനം നഷ്ടപ്പെടുകയും നിർവേദമില്ലാതാവുകയും ശാന്തി മരീക്ഷികയായി തീരുകയും ചെയ്യും ഇതാണ് കലാസബരിയുടെ അവസാനത്തെ വാക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് പുരാണങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയുമെല്ലാം ഈ കാലഘട്ടത്തിൽ ആവുന്നത്ര ലൗകികതയിലേക്ക് വലിച്ചിറങ്ങിക്കൊണ്ടിരുന്നതിന് അതിൻ്റെ പ്രോദ്ഘാടകർ ശ്രമിക്കുന്നുണ്ട് ഫലം ജനതീജീവിതത്തെ ദുസ്സഹമായ വേദനയിലേക്ക് തള്ളിയിടുമെന്നത് തന്നെയാണ് ആ ഭാഗം അത്രയും മതിയെന്ന് വിചാരിക്കുന്നു അത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മനസ്സിലായാൽ മതി നിർവേദം രസമായി തീരണമെങ്കിൽ അതിനുള്ള സാധന ഏതൊരു വിഷയത്തിൽ നിന്നും മാറി നിന്നതിനെ കാണുവാനുള്ള വ്യവച്ഛേദന തന്ത്രമാണ് അന്വയവ്യതിരേകത്തിലൂടെയാണ് അതിനുപയോഗിക്കുന്ന അദ്വൈത ദീപികയിലെ തന്ത്രം അന്വയവ്യതിരേക തന്ത്രമാണ് ഈ തന്ത്രം ആസ്പദമാക്കിയാണ് ഈ കൃത്യം ഗുരുദേവൻ നിർവഹിച്ചിട്ടുള്ളത് ആ കൃതിയിൽ ജ്ഞാനസാധനയുടെ പ്രതിബന്ധങ്ങളെ വേണ്ടി ഇതിൽ അങ്ങേയറ്റം പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം ഏതെല്ലാം പ്രതിബന്ധങ്ങളാണ് ജ്ഞാനസാധനയിലുണ്ടാവുക അതിന് ഉപോത്ബലകങ്ങളായ ഉത്തമ ദൃഷ്ടാന്തങ്ങളും ഗുരുദേവന് നടത്തിയിട്ടുണ്ട് വിഘ്നമില്ലാതെ വിഘ്നം കൂടാതെ ശ്രവണം ചെയ്ത് ആത്മജന്യമായ വൃത്തി തജ്ജ സംസ്കാരം പാതഞ്ജലത്തിന്റെ ഭാഷ്യത്തിൽ വ്യാസൻ വളരെ വിവരിക്കുന്ന ഒന്നാണ് തജ്ജ സംസ്കാരം തദ്ജന്യ സംസ്കാരം ആത്മജന്യ കിട്ടാൻ ഇതര സംസ്കാരങ്ങൾ കിട്ടാൻ എളുപ്പമാണ് ഇപ്പൊ ഇവിടെ വന്നു ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തോളം ക്ലാസ് കേൾക്കും അകത്ത് ഒട്ടേറെ സംസ്കാരങ്ങളുണ്ട് വാസനകളുണ്ട് അത് കളിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ട് പ്രതിബന്ധം ഇതിനെ തടഞ്ഞു നിർത്തും നിരോധിക്കും വൃത്തികളെയല്ല നിരോധിക്കുന്നത് തജ്ജന്യ സംസ്കാരത്തെയാണ് അത് നിരോധിക്കുന്നത് എന്നിട്ട് മസിൽ വിളിച്ചവിടെ ഇരിക്കും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആയിരം ആളുണ്ട് പ്രഭാഷകന് വളരെ സന്തോഷമായി അഞ്ഞൂറാളുണ്ട് ഇഷ്ടമായി വിളിച്ചിട്ട് ഒട്ടേറെ ആളുണ്ട് ഓ ഇത്രയാളുണ്ടല്ലേ ആധ്യാത്മികത കേൾക്കാൻ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നതെന്ന് അയാൾക്കറിയില്ല മനസ്സിലായില്ല വയ്യാവേരി തീരുന്നുമില്ല ചായ ഒന്നു കൊള്ളാവുന്നുണ്ട് ഇല്ലേ തോന്നി തുടങ്ങിയില്ലേ ഏ